ധ്യീകൃഷ്ണ പരമാത്മനി നമ അർജുന ഉചനുഗ്രഹ പരമം ഗുഹ്യമത്മസിതം എത്തോക്തം വജസ്ത മോഹോയം വികോ മമ ഭപ്യയോ ബോധോ വിസ്തരശോമയാ തമലപ്ര മാത്മ്യമവിചാവ്യയം എ ത്വം ആത്മാനം പരമേശ്വര ദ്രഷുച്ഛാ ഐശ്വരം പുരുഷോത്തമാന്യസേയതി തക്ഷ്യം മയാ ദ്രഷുതി പ്രഭോ യോഗേശ്വര തോമേ ദർശയാത്മാനമവ്യയംഭവാച പശ്യമേ പാത്രൂപി ശതശോധസഹസ്രശ ആവിധാരി ദിവ്യാർതീനി ച പശ്യാദിസൂന് രുദ്രാ അശിരോ മരുതോ ന്യൃഷ്ടപൂർവാണി പശ്യാചരൈകൃസ്ന गुडागेचा മമ ദേ ഗുടാഗേ ചുച്ഛസി മാ ശക്സേ ദു അനരൈവ दिव्यं ദ ചു ശ്യേ യോഗമൈശരം സഞ്ചയവാചക്തോ രാജൻ മഹാഗേശ്ചോഹരീ ദശയാമാസവാർ പരമം ൂപമൈശരം ക്നയ അത്ഭുതദർശനം അനേക ദിവ്യപരണ ദിവ്യനേകോദ്യുധം ദിവ്യമാലയാംബരധരം ദിവ്യഗന്ധാന സർവാശ്ചര്യമയം ദോമുഖം ദിവി സൂര്യസഹസ്ര ഭേയുഗമദുത്ഥിത യുവാ സദൃശീ സസത്ത മഹാത്മന ൈകം ജഗത്ന പ്രവിവേകീരേ പാണ്ടവസ്ത തതസ്തവിസ്മയാവിഷ്ടോ കൃഷ്ണോമാദനഞ്ചയാ ശിരസാ ദലിരഭാഷദ അർജുന ഉവാച പശ്യമി ദേവാവദേ സരിമാ ഭൂതവിശേഷസംഗാ ബ്രഹ്മണമീശം കമലാസനസ്തഋഷീ സർവാനുരംശിവ്യ അനേകാഹൂദരവക് പശ്യമി ത്വോനന്ദ്രൂപം കാന്ദം ന പുനസ്താദീ പശ്യാ വിശ്വേശരവിശ്വ കിരീരിനം ഗരിനം ചക്ണം ചേജോരാശിം സർവോദിപ്തിമന്ദ പശ്യാമി റം ദുർരീക്ഷം സമന് ദീപർക്കുതിമേയ ത്മക്ഷരം പരമം വേദവ്യം തശം നിധാന തമവ്യയശാശതധർമ്മഗുപ്ത സതനസ്വം പുരുഷോ മദോമേ അധ്യാന്തീര്യ അനന്തബാഹു ശശിസൂര്യനേത്ര പശ്യമി ത്വാം ദീപ്തുദാക് സ്വേജസാവിശ്യദാഥിതമന്തരം ഹി വ്യാത്തുംയേകേന ദിശ സർ ദൃഷ്ടു ൂപമുഖ്യം തേദം ശ്ലോകം പ്രവ്യജിതം മഹാത്മൻ അമീ റംസംഗാ വിശന്ത കെ ജിൽഭീദാ പ്രാഞ്ജലയോ ഗൃണന്ത സ്വസ്തിുക് മഹർഷി സു വീ പുഷ്കലാ രുദ്രാദി വസവോ എച്ച സാധ്യ വിശ്വശിരോ മരുത സോഷ്മശ ഗന്ധർവയച്ചാ വിച്ഛന്തി വിസ്മിതേവം മഹത്തെ ബഹുവക്ത്ര നേത്രം മഹാബാഹോ ബഹുബാഹൂരുവാദം ബഹൂധരം ബഹുദ്രംഷ്ട്രാകരാളം ദൃഷ്ടലോകാ പ്രവ്യദാഹം നവസ്പൃശം ദീപമലേകർണ വ്യാത്തനം ദീപ്ത വിശാലേത്രൃഷ്ടി ത് പ്രദിതരാത്മാൃതിഷമം ച വിഷണോ ദാ കരാളാ ചേ മു ദൃഷ്ടൈവാന വിശോ നലബേച്ച ശർമാ പ്രസീദേ ജഗന് നിവാസ അമേ ചതരാഷ്ട്ര പുത്രേ സഹൈവാനിളസംഗൈ ഭീഷണപുത്ര സോ സഹസ്മദീയൈരപോധ മുഖ്യൈ വക്രാണി ത്വരമാണ വിശന്തിഷ്ടാകാളാ ഭയാനകജിൽവിലക്ന്തര സന്ദൃശ്യത്തെ उत्तमांगे യഥാ നദീന ബഹവോംബുഗാ സമുദ്രമേവാമുഖാ ദ്രവ കമീ നരലോകീരാ വിശന്തി വക്ണിജലീത ജ്വലനം വദ വിശന്തിയ സമുദ്ധവേഗ തഥൈവ നാശാ വിശന്തി ലോക തവാക് സമുദ്ധമേഗാ ഹേലീഹ്യസേഗ്രസമാന സമന് ലോകാൻ സമഗ്രാൽ वदने ജലദ്ധി ഹേ ജോരാപൂര ജഗൽ സമഗ്ര आक्याहि ോഗ്രദി വിഷോ ആഖ്യാകോ ഭഗ്രൂപോ നമോസ്തുവയ വിച്ചാദമാദ്യം പ്രി തവ പ്രവൃത്തി കാ ലോകക്ഷയക പ്രവൃദ്ധോ ലോകാൻ സമാഹത്തവൃത്ത ദുരി ത്വം सर्वे ിതാ പ്രത്യേകു യോധ കസ്മാ യയശോലഭസ്വാ ജിവാത്രൂൺ മുക്ഷരാജ്യം സമഗേദേഹതാ പൂർവമേവ നിമസവ്യസാജിൻ ദ്രോണം ച വിഷമം ചയദ്രദം ചർ തന്നി യോധവീരൻ മയാ ഹതസ്വഹിമാ വിതിഷ്ടുദ്ധ്യതേദാശി സപത് സഞ്ചയ ചേസ്വദനം കശവസ്യ കലിപമാനക്കിരീഡീ നമസ്കൃത ഭൂയേവാഹ കൃഷ്ണ സഗദ്ഗദീത പ്രണമ്യ അർജുനവാജ താേ ഷേശ തവ പ്രകൃതി ജഗൽ പ്രകൃഷ്യനുരജ്യത്തെ ചാസി ബേദാരിിശോദ്രവന്തിമസ്യന്തിസാ കസ്മാേരൻ മഹാത്മൻ രീയസേ ബ്രഹ്മണോപ്യകർത്തേ അനന്ദേ ചവാസ ത്മക്ഷരം സതസ തത് പരം യമാതി പുരുഷ പുരാണ പരം നിധാന േ വേദ്യം ചരം ചാമ യാദം വിശമനന്തൂ വായുയമോക്വരുണശാംഗ പ്രജാവതിഷ് പ്രതി നമോ നമസ്തേസ്സഹസ്രകൃത്ത പുനശ്ചൂയോഭി നമോ നമസ് നമ പുരസ്തപസ്തേ നമോസ്തു തേതവ സർ അനന്തീരയാത വിക്രമസ്തു സമാനോഷി തർ സഖേദി മ പ്രസവം യുക്തം തേ കൃഷ്ണേ യാദവഹേ സഖേദീ അജാന മഹിമാനം തേദം മയാ പ്രമാൽ പ്രണയേന വാ യഹാസാർത്തസത്കൃതോസി ോജനു ഏകോദവാപ്യുതദൽ സമക്ഷം തക്ഷാമി ത്മഹമേയതാസി ലോക ത്മസ്യ പൂജ്യർഗരീയാൻ തത്സമോസ്തയതികുന്യോ ലോകത്തേപ്പ പ്രതിമ പ്രഭാവ അസ്മാണമ്യണിതാകാ പ്രസയ ത്മഹമീശമേഭ്യ പുത്രയേവ സഖ്യൂ പ്രി പ്രിർക്കോടഷ്ടൂർവ ഹൃഷിദോസ് ദൃഷ്ടിതം മനോമി തടേവേദർശയൂപം ീത ദേ ചസരീടനം ഗദിം ചക്രഹസ്താമി ത്ഷമഹം തദൈ തേനൈ റൂപേണ ചതുർഭുജേ സഹസ്രബാഹോ ഭവിശ്യമൂർ मया ശ്രീഭഗവാച മയാ പ്രസന്നജുനദം വരം ദർശദമാത്മയോ തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ധൃഷ്ടപൂർവം നേതയജ്ധ്യയന്നേ നിയ നോവിരുഘ്രൈം രൂപശക് അഹം നൃലോക ദ്രഷു ത്ദന കുരു പ്രവീരാ മാ ദ്യതാച്ച വിമൂഢാവോ ദൃഷ്ടൂപം ഘോരമദി വ്യപേപീതമനുനസ്തേദീപീതമന പുനസ്തം തവ മേ ൂമ്രപശ്യ സഞ്ചയ ഉചർനം വാസുദേവുക്ഗം ൂപ ദർശയാസ ഭൂയ ആശ്വാസയാസച്ച ഭീതമേന ഭൂ പുനഃ സൗമ്യവുർമ്മത്മാ അർജുന ഉചേദ മാനുഷം ൂപം അവസൗമ്യം ജനർദന ഇനീമസ് സംവൃത്ത സചേതോ പ്രകൃതി ഗതാ ീഭവാനുവാചുദശമിതം ൂപം ദൃഷ്ടിന്മമേവാ നിർശനകാക്ഷി നാഹം വേദൈ നപസ विदो ശക്േംവിദോ ദ്രു ദൃസി മാം യഥ്യ അഹമേവം വിദോർജുനാ ദ്രും തേന മത്കന് മത്കന് मत्कन् പരമോ മദ്ഭക്തസവർജി നർതേഷു വ്യസമാ പാണ്ഡവ ഓ തീ ശ്രീമദ്ഭഗവത്ഗീത ഉപനിഷ ബ്രഹ്മവിദ്യോസ്ജുനസംവാ വിശ്വദർശനയോഗോ നമ ഏകോധ്യ അങ്ങനെ ഭഗവാന്റെ വിശ്വരൂപദർശനം നമ്മൾ വായിച്ചു പതിനൊന്നാമത്തെ അധ്യയം വിശ്വരൂപദർശനാണ് ഭഗവാൻ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നതിന്റെ അത്ഭുതകരമായ രൂപം ആർക്ക് കാണിച്ചു കൊടുക്കണോ അർജുനനെ കാണിച്ചു കൊടുക്കണോ ഭഗവാനോട് അർജുനൻ പറയാണ് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് വ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നു പക്ഷേ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന അങ്ങയുടെ മഹാരൂപം എനിക്ക് കാണാൻ നല്ല മോഹണ്ട് ഉടനെ ഭഗവാൻ പറഞ്ഞാ കണ്ടോളും അർജുനാണ് ർജുനം പറഞ്ഞു കാണാൻ പറ്റുന്നില്ല ഈ കണ്ടുകൊണ്ട് കാണാൻ സാധ്യല്ല അപ്പൊ ഭഗവാൻ അർജുനന് എന്ത് കൊടുത്തു ദിവ്യചക്ഷാണ് ദിവ്യചക്ഷു കൊണ്ട് നോക്കുമ്പോഴാണ് അർജുനൻ എന്ത് കാണുന്നത് എങ്കും നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ വിശ്വരൂപം അപ്പോ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ കാഴ്ചയുണ്ടല്ലോ ഈ കാഴ്ചകൾക്കപ്പുറവും പല കാഴ്ചകളും നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ സാധിക്കുന്നതിനൊക്കെ ഒരു പരിമിതിയുണ്ട് അതാണ് മനുഷ്യന്റെ കണ്ണുകൾക്കുള്ള അപ്പൊ നമുക്കറിയാം ഈ ടെലസ്കോപ്പ് കണ്ടെത്തിയതിനു ശേഷം ആകാശത്തിൽ പലതും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അല്ലേ മനുഷ്യൻ സൂര്യന്റെ അടുത്ത് എന്തെല്ലാം ഗ്രഹങ്ങള് അതുപോലെ സൗരയൂഥത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതെല്ലാം ഉപകരണങ്ങളിലൂടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സ്കാനിങ് തുടങ്ങിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ എക്സ്റേ തുടങ്ങിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെ നമുക്ക് നമ്മുടെ വേറൊരു രൂപം കാണാൻ സാധിക്കും ഇപ്പൊ നിങ്ങളുടെ എക്സ്റേ രൂപം എടുത്തു കഴിഞ്ഞാൽ ഈ രൂപത്തിലാണോ വരിക ഉം പെണ്ണ് കാണാൻ പയ്യൻ വരുന്ന സമയത്ത് എക്സ്റേയിലുള്ള ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ഏ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് എക്സ്റേ ഫോട്ടോ എടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ പെണ്ണുകെട്ട് നടക്കുമോ അയാൾ ഓടിയിട്ടുണ്ടാവും അല്ലേ കാരണം തലയോടും അസ്ഥിക്കോടും ഇതെല്ലാം കൂടി കാണുന്ന സമയത്ത് അലവർ എനിക്ക് പെണ്ണേ വേണ്ടത് ഇതിന്റെ പ്രേതമാണ് എനിക്ക് അതുപോലെ സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തുകൊടുത്താൽ മതിയോ കോൾ ബോഡി സ്കാൻ ചെയ്തതിന്റെ ചിത്രം പറ്റില്ല അപ്പൊ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊക്കെ കാണിച്ചു തരുന്ന ഉപകരണങ്ങൾ അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ കണ്ണിന്റെ കാഴ്ചകൾക്കെല്ലാം There is a limitation ഫോർ our വിഷൻ ഉള്ളത് പക്ഷെ നമുക്ക് തോതുന്നത് നമ്മളൊരാളെ കാണുമ്പോഴേക്കും നമുക്ക് അയാളെ കുറിച്ചൊക്കെ മനസ്സിലായി എന്നാണ് അല്ലെങ്കിൽ ഒക്കെ മനസ്സിലായിട്ടോ പക്ഷെ നമുക്ക് അയാളെ കുറിച്ചൊന്നും അയാളുടെ ശരിക്കുള്ള വിശ്വരൂപം കാണണമെങ്കിൽ ഇത് വേണം ദിവ്യം ദാമിതേ ചു ഏത് ചക്ഷു വേണം ദിവ്യചക്ഷക്കള് അപ്പൊ ഇങ്ങനെ നമ്മള് നോക്കുമ്പോ ഭഗവാൻ അർജുനന് ദിവ്യചക്ഷുക്കള് കൊടുത്തപ്പോഴാണ് അർജുനന് ഭഗവാന്റെ മറ്റൊരു രൂപം കാണാൻ സാധിച്ചത് അർജുനൻ രണ്ട് രൂപങ്ങളാണ് കാണുന്നത് ഒന്ന് യുദ്ധക്കളത്തിലേക്ക് നോക്കുന്ന സമയത്ത് താൻ ആരെയൊക്കെയാണോ കൊല്ലാൻ നിശ്ചയിച്ചിരിക്കുന്നത് അവരൊക്കെ കൃഷ്ണ ഭഗവാന്റെ വായിലേക്ക് പോകുന്നതും അതെല്ലാം കഠിച്ചു പറച്ചു വലിച്ചെടുത്തുകൊണ്ട് രക്തം വലിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതൊക്കെ കാണുമ്പോൾ അർജുനൻ പേടിച്ചു കരഞ്ഞുപോയി കൊല്ലാൻ നിൽക്കുന്നവരൊക്കെ എങ്ങോട്ട് പോകുന്നു ഭഗവാന്റെ വായിലേക്ക് ഇത് പറഞ്ഞാൽ എന്താ അതിനർത്ഥം ഈ കാണുന്ന രൂപങ്ങളെയൊക്കെ തല്ലി തകർക്കാൻ നശിപ്പിക്കാൻ ഒരു ഗംഭീരമായ ശക്തി കാത്തിരിക്കുന്നുണ്ട് ഏത് ശക്തിയാണത് ഇതിനാണ് കാലമാകുന്ന ശക്തി എന്ന് പറയുന്നത് ഈ കാലത്തിന്റെ വായിലേക്കിങ്ങനെ നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ ചില എയർപോർട്ടിലൊക്കെ ഉണ്ടല്ലോ എക്സ്കരേറ്റർ ഇതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ താനെ പൊയ്ക്കോളും ഏ ആ നമ്മൾ കാണില്ലയെന്ന് മാത്രം എസ്കലേറ്ററിൽ കയറി കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലൊക്കെ സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ ഫോറിൻ കൺട്രിയിലൊക്കെ കൊറേ ദൂരം നമുക്ക് നടക്കാതെ തന്നെ അതിലെങ്ങനെ പോയാൽ മതി അത്ര സൗകര്യങ്ങളുണ്ട് ഇതുപോലെ കാലമാകുന്ന എസ്കലേറ്ററിൽ കയറിയിരിക്കുകയാണ് നമ്മള് നമ്മൾ അറിയുന്നില്ല നമ്മള് പോയിക്കൊണ്ടിരിക്കുക അതിന്റെ വായലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാലം വായ പൊളിച്ചു മനസ്സിലാവൂത് ഈ ദർശനം നിങ്ങൾക്കൊക്കെ തന്നാലോ ഏ എന്തുകൊണ്ട് ഭഗവാൻ നമുക്ക് ദിവ്യ ചക്ഷിഷു തരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദർശനം നമ്മളെങ്ങാനും കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് അപ്പ വരും താങ്ങാനുള്ള ഒരു കരുത്ത് നമുക്കില്ല നമ്മളിങ്ങനെ മരണത്തിന്റെ പിടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഓരോ സെല്ലുകൾ മരിക്കുന്നതും നിങ്ങളെങ്ങാനും കാണാൻ തുടങ്ങിയാൽ മുടി കൊഴിയുന്നത് കണ്ടിട്ട് തന്നെ ടെൻഷൻ ില്ല മുടി ഒഴിയുന്നത് കണ്ടിട്ട് എന്നെ ടെൻഷൻ വയ്ക്കണോ ആൾക്കാർക്ക് പിന്നെ ഉണ്ടോ ഉള്ളിലുള്ള സെല്ലുകളൊക്കെ മരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ടെൻഷൻ വരാണ്ടിരിക്കുന്നു അപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള ദർശനങ്ങളൊക്കെ തരാത്തതിന് കാരണം ഒരുപക്ഷെ നമുക്കതിനെ താങ്ങാനുള്ളൊരു കരുത്തില്ല പക്ഷെ നിങ്ങൾക്ക് കാണാനില്ല കരുത്തില്ലെങ്കിലും ഒരു യാഥാർത്ഥ്യം ഉണ്ട് എന്താ യാഥാർത്ഥ്യം നമ്മുടെ പിന്നാലെ കാലമാകുന്ന ശക്തി വരുന്നുണ്ട് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ ആരാണെന്ന് ഈ ശ്ലോകം നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണേ മുപ്പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുൻ അർജുനനും ഭഗവാനും തമ്മിൽ ഉള്ള ഡിസ്കഷന്റെ മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയാണ് കാലോസ്മിനോകക്ഷോ ലോകാൻ സമാഹത്തമിഹ പ്രവൃത്ത ഹൃദേഷ്യേ അവസ്ഥിത പ്രത്യീക യോധ കാലോസ് അഹം കാ അസ് ഞാൻ കാലമാകുനോ ലോകക്ഷയ കൃത് പ്രവൃത്തോ ലോകത്തെ പ്രവൃത്തോ ലോകത്തെ വളർത്തുന്നതും ഞാനാണ് ലോകത്തെ ക്ഷയിപ്പിക്കുന്നതും ഞാനാണ് ലോകാൻ സമാഹർത്തും ഇതിനെ മുഴുവൻ എനിക്ക് മുഴുവൻ സമാഹരിക്കാനുള്ള ശക്തിയുണ്ട് അപ്രകാരമുള്ള ഈ ശക്തിയാകുന്ന കാലത്തിനെ നീ മനസ്സിലാക്കൂ ഞാൻ തന്നെയാണ് കാലം എന്നുള്ളത് അപ്പോ നമ്മൾ പലപ്പോഴും പറയാറില്ലേ ഈ വിധി പറയാറില്ലേ ഈ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ടൈം എന്നുള്ളത് എന്താണ് ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു കുട്ടി ചോദിച്ചു ഫാദർ ഫാദർ വാട്ട് ഈസ് ഗാഡ് എന്ന് ഉടനെ ഫാദർ ഗോഡ് ഈസ് ലവ് കുട്ടി വിട്ടുകൊടുത്തില്ല കുട്ടി ഫാദർ ഫാദർ വാട്ട് ഈസ് ലവ് എന്റെ ഫാദർ പറയണ ലവ് ഈസ് ഗോഡ് കുട്ടി പറയണ എനിക്ക് നേരത്തെ ഒരു ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളുരണ്ടി െന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഈ ലവ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അറിയില്ല ഇതുപോലെ നിങ്ങൾ കാലം ടൈം ടൈം കാലം അങ്ങനെ വിധം പറയരുത് എന്താണ് ടൈം എന്ന് പറഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ കാലത്തിനെ നമുക്ക് നിർവചിക്കാൻ പറ്റുമോ കാലം എന്ന് പറഞ്ഞാൽ ചലനം അതാണ് ചലനം ചലനമുണ്ടെങ്കിലേ കാലമുള്ളൂ കാലല്ല കാലം സപ്പോസ് സൂര്യൻ ഉദിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുക എന്ന് വിചാരിക്കുക സ്റ്റാഗ്നന്റ് ആയിട്ട് അവിടെ നിൽക്കണോ മനസിലായോ സൂര്യൻ ഉദിച്ച സ്ഥലത്ത് തന്നെ നിൽക്കുക സമയം എത്രയായിരിക്കും ഇപ്പൊ സൂര്യനോട് പറയാ സൂര്യനോട് എന്താണ് ഈ കൊള്ളക്കാരോടൊക്കെ പറയാറില്ലേ യു സ്റ്റാൻഡാർഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ അവിടെ എങ്ങാനും നിന്നുപോയാൽ ടൈമുണ്ടോ നോ ടൈം വൈ ചലനമുണ്ടെങ്കിൽ ടൈമുള്ളൂ ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ട്വന്റി ഫോർ അവേഴ്സ് കണക്കാക്കിയിരിക്കണം ഫോർട്ടി എയ്റ്റ് ഒരു ദിവസം എത്ര അവേഴ്സാണ് ട്വന്റി ഫോർ ഉള്ളൂ ഉറപ്പാണ് കണക്കാക്കിയിരിക്കുന്നത് രാവിലെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി പിന്നെ ഉച്ചയാകുമ്പോഴേക്കും പന്ത്രണ്ട് മണിക്കൂറായി പിന്നീട് രാത്രിയാകുമ്പോഴേക്കും വീണ്ടും പന്ത്രണ്ട് മണിക്കൂറായി ഇരുപത്തിനാല് മണിക്കൂറായി വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങി അങ്ങനെ ചക്രം പോവുകയാണ് അല്ലേ അപ്പോ സൂര്യൻ ചലിക്കുന്നില്ലെങ്കിലും ഭൂമിയുടെ ചലനം കൊണ്ട് നമുക്ക് ഒരു ഭാഗത്ത് സൂര്യന്റെ പ്രകാശം തട്ടുകയും മരഭാഗത്ത് സൂര്യന്റെ അസ് എന്താണ് ഇരുട്ട് സംഭവിക്കുകയും ചെയ്യുമ്പോ സമയം ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് ഒരു കറക്കം കറങ്ങുമ്പോഴേക്കും എത്ര ഇരുപത്തിനാല് മണിക്കൂർ അത് ഭൂമിയെ മാത്രം ആസ്പദമാക്കിയിട്ടാണ് നിങ്ങൾ വിചാരിക്കരുത് ടൈം എന്ന് പറയുന്നത് എല്ലാ എന്താണ് ഗൃഹത്തിലും ഒരുപോലെയാണെന്ന് ഒരു പക്ഷെ വ്യാഴത്തിലായിരുന്നു വിചാരിക്കുക മരക്കുറി അവിടെയാണെങ്കിലോ ഇതേ സമയമായിരിക്കില്ല ശാസ്ത്രജ്ഞന്മാർ സമ്മതിക്കുന്നുണ്ട് വ്യാഴത്തിന് ഒരു വട്ടം റൌണ്ട് അടിക്കാൻ ഒരു ദിവസം ഇവിടുത്തെ സമയം പോരാ ഈവൻ ചന്ദ്രന്റെ പോലും സമയം വ്യത്യാസമുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും കറക്കത്തില് വ്യത്യാസമുണ്ടെങ്കിൽ ടൈം എല്ലാവർക്കും ഒരുപോലെയാണോ നമുക്ക് ദറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അപ്പൊ ടൈം എന്നുള്ളത് അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്പേസ് അല്ലെങ്കിൽ എന്താണ് പ്ലേസ് എന്നുള്ളത് കാലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലത്തിന് സ്ഥലത്തിനെ ആസ്പദ ഒരു റിലേറ്റഡ് ആണത് എൻ അബ്സൊല്യൂട്ട് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് അല്ല ഒരു ഡിപ്പെൻഡന്റ് ആണത് മനസ്സിലായില്ലേ ഓ ഒന്നിനെ ആശ്രയിച്ചു കൊണ്ടാണ് ഏത് നിൽക്കുന്നത് കാലം നിൽക്കുന്നത് അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എന്താണ് ചലനമാണ് ചലനമുണ്ടെങ്കിലേ കാലമുണ്ട് ഇനി ചലനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ ചലനത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ചലനത്തിൽ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് ചലനം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ കണ്ടിന്യൂസ് മൊമെന്റം വരുന്ന സമയത്ത് അവിടെ ഒരു വസ്തുവിന് കാലപ്പഴക്കം സംഭവിക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട് കാലപ്പഴക്കം എന്ന് പറഞ്ഞാൽ ആ വസ്തു പുതിയതായിരുന്നത് അതിന് പാകം വന്ന് പിന്നീട് കേടുവന്ന് അത് നശിച്ചു പോകുന്നുണ്ട് അപ്പൊ അവര് കണ്ടെത്തി ആറ് തരത്തിലുള്ള മാറ്റങ്ങൾ അതിൽ നടക്കുന്നുണ്ട് എത്ര എന്തൊക്കെയാണ് ജനിക്കുക എന്നുള്ളത് ജനനം എന്നുള്ളത് ജനിച്ച് നിലനിൽക്കുക എന്നുള്ളത് വളരുക എന്നുള്ളത് നശിച്ചു പോവുക എന്നുള്ളത് ഏതൊക്കെയാണ് ജനിക്കുക ജനിച്ച് നിലനിൽക്കുക ഏ വളരുക വലുതാവുക കേടുവരുക ഏഹ് നശിച്ചു പോവുക ഇതെവിടെ നടക്കുന്നത് ചലനത്തിന്റെ കൂടെ നടക്കുന്നത് അപ്പൊ ചലനത്തിൽ തന്നെ മാറ്റങ്ങളിൽ തന്നെ അതിൽ ഒരു സൂക്ഷ്മത സ്ഥൂലമായി വീണ്ടും അത് സൂക്ഷ്മതയിലേക്ക് പോകുന്ന ഒരു പ്രക്രിയയും കൂടെ കാലത്തിൽ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ കാലം ഇങ്ങനെ ഇതിനെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു തെല്ല് ജനിക്കുന്നു കുറച്ചുനേരം നിലനിൽക്കുന്നു വലുതാവുന്നു വികസിക്കുന്നു കേടുവരുന്നു മരിക്കുന്നു ഓരോ നിമിഷവും സംഭവിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ കാലത്തിന്റെ ഒഴുക്കിൽ മാറ്റങ്ങളും ജനനങ്ങളും മാറ്റങ്ങളും നാശങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ പറയുന്നു ഇത് ആർക്കും നിയന്ത്രിച്ചു നിർത്താൻ സാധ്യല്ല എന്തെല്ലാം സയന്റിഫിക്കലി നമുക്ക് പുതിയ ഗവേഷണങ്ങൾ വന്നാലും ഒരു മനുഷ്യ ശരീരത്തിന്റെ പരിണാമത്തെ പിടിച്ചു നിർത്താൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കില്ല സാധിച്ചിട്ടില്ല എന്തൊക്കെ ഗവേഷണങ്ങളുണ്ട് ഏതെങ്കിലും ടാബ്ലറ്റ് വന്നിട്ടുണ്ടോ നിങ്ങളെ ഒരേ വയസ്സിൽ പിടിച്ചു നിർത്താൻ അങ്ങനെ വല്ല ടാബ്ലറ്റും ഒരേ വയസ്സിൽ നമ്മളെ പഠിച്ചത് ഒരു പതിനെട്ട് വയസ്സായ ഒരു ടാബ്ലറ്റ് കഴിച്ച പിന്നെ പതിനെട്ട് കപില ഭഗവാന്റെ അമ്മ ഒരാണിന് ഒരു ജന്മം എന്താണ് കുട്ടികൾ വേണമെന്നൊക്കെ പറഞ്ഞപ്പോ കപില ഭഗവാന്റെ അച്ഛൻ കർദമ പ്രജാപതിയെ കൊറേ കാലം ശുശ്രൂഷിച്ചു അത്രേ അപ്പൊ ശുശ്രൂഷിച്ച് ശരീരം എല്ലും തോൽ ഇവിടത്തെ പോലെ സൂപ്പ് വെച്ചു വരാനൊന്നും ആളുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലും തോൽ നോക്കി എല്ലാവായി അവസാനം ഭർത്താവിനോട് പറഞ്ഞ് എനിക്ക് അമ്മയാവണമെന്ന് അപ്പൊ ഗർഭം ധരിക്കാനുള്ള ഒരു ആരോഗ്യം വേണ്ടേ അതിന് ഒരു തടാകം കാണിച്ചു കൊടുത്തു എന്നാണ് ആ തടാകത്തിൽ ചെന്ന് മുങ്ങിയപ്പോ ഉണ്ടല്ലോ എന്താണ് നിങ്ങൾ വളരെ ഓർത്തുവെച്ചിട്ടുണ്ട് പേര് ബിന്ദു സരസ് അതിൽ ചെന്ന് മുങ്ങിയപ്പോ എന്തൊരു മോഹാണ് നോക്കേരുകളൊക്കെ ഓർത്തുവയ്ക്കാൻ മുങ്ങാനുള്ള മോഹൻ ബിന്ദു സരസ്സിൽ ചെന്ന് മുങ്ങിയതും അന്ന് അച്ഛൻ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്തുണ്ടായ ആരോഗ്യം വീണ്ടും കിട്ടിയെന്നാണ് അങ്ങനെയൊക്കെയുള്ള തടാകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആകെ കൺഫ്യൂഷനാ ബ്രഹ്മാവിനാകെ കൺഫ്യൂഷനാകും ഞാനൊരു തമാശ പറഞ്ഞോറിയില്ലേ നിങ്ങളോട് ഒരു സ്ത്രീക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അവരെ സർജറി ഒക്കെ ചെയ്ത് ഭഗവാൻ പറഞ്ഞ എനിക്ക് ആള് മാറിപ്പോയിന്ന് അതുപോലെ ഭഗവാൻ ആകെ കൺഫ്യൂഷനാകും എന്തോ അങ്ങനെയുള്ള സരസുകളൊന്നും ഇല്ലാത്തതും അങ്ങനെയുള്ള ഒരു മരുന്നുകളൊന്നും കണ്ടെത്താത്തതും ഇത്ര നല്ലതാ അത് അപ്പോ കാലം എന്ന് പറയുന്ന ശക്തി എങ്ങനെയാണ് ഈ കാലമുണ്ടായത് എന്ന് ചോദിക്കുമ്പോ ഭഗവാൻ പറയണോ എന്നിൽ അന്തർലീനമായ പ്രകൃതി അത് എന്റെ നിയോഗപ്രകാരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു വളരെ ഗംഭീരമായൊരു പ്രസ്താവന ഭഗവാൻ പറയും പതിനെട്ടാം അധ്യായത്തില് ആ ശ്ലോകവും വളരെ രസകരമാണ് ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ ഈശ്വരസ് അറുപത്തൊന്നാം ശ്ലോകം ഈശ്വരസ് സർവഭൂതാനേർജുനതിഷതി ഭ്രാമയൻ സർവഭൂതാനി യ്രാരൂഢാണി മായയാ ഭ്രാമയൻ ാൽ കറക്കൊണ്ടിരിക്കുകയാണ് യന്ത്രാരൂഢാണി മായ എന്നിൽ യന്ത്രം പോലെ കറങ്ങുന്ന മായ കൊണ്ട് ഞാൻ ഇതിനെയൊക്കെ കറക്കുന്നു അപ്പൊ കാലം എന്നത് ഭഗവാനിൽ അന്തർലീനമായ ശക്തിയാണ് ഭഗവാനിൽ അന്തർലീനമായ ശക്തി തന്നെയാണ് ഭഗവാൻ തന്നെ ചലിക്കുമ്പോ ശക്തി തന്നെ ചലിക്കുമ്പോഴാണ് അതിനെ കാലം എന്ന് പറയുന്നത് ഈ ചലനത്തെ തന്നെയാണ് മായ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ കറക്കം വരുമ്പോണ്ടല്ലോ കണ്ടിന്യൂസ് കറക്കത്തിൽ ഒരു തെറ്റിദ്ധാരണ വരും വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സപ്പോസ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയി ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ട് നിങ്ങൾ അയാളെ ട്രെയിനിൽ കേട്ടിടും നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ആ ട്രെയിനിലേക്ക് തന്നെ ശ്രദ്ധിക്കുമ്പോണ്ടല്ലോ ആ ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രെയിൻ മൂവ് ചെയ്യുന്നതല്ല ഫീൽ ചെയ്യുക നിങ്ങൾക്ക് തോന്നും പ്ലാറ്റ്ഫോം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ തോന്നും ഇതുപോലെ തന്നെ ട്രെയിനിലിരിക്കുന്ന ആൾക്കും ഇതുപോലൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരും അയാൾക്കും തോന്നും ഈ പ്ലാറ്റ്ഫോം ആവാണ് മൂവ് ട്രെയിൻ മൂവ് ചെയ്യുന്നത് പോലെ തോന്നില്ല എന്ന് പറയാം പിന്നീട് അയാൾക്ക് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പുറകോട്ടും പുറകോട്ടുമൊക്കെ തോന്നും അപ്പോ ഈ ചലനത്തിന് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഇപ്പൊ നമ്മുടെ ശരീരം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ചളി മാറിക്കൊണ്ടിരിക്കയാണ് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിലൂടെ ഈ മനസ്സങ്ങോട്ട് പ്രവേശിക്കുമുണ്ടല്ലോ അപ്പം മനസ്സിനൊരു തെറ്റിദ്ധാരണ വരികയാണ് എന്താ തെറ്റിദ്ധാരണ ഈ ശരീരമാണ് നമ്മുടെ എല്ലാ സുഖങ്ങൾക്കും കാരണം അതുകൊണ്ട് ഇതിനെ മാക്സിമം സുഖങ്ങൾ അനുഭവിക്കാൻ ഉപയോഗപ്പെടുത്തണം എന്നുള്ളൊരു തോന്നൽ വരും ആർക്കാ തോന്നൽ വരുന്നത് മനസ്സിനാണ് തോന്നൽ വരുന്നത് മനസ്സ് തന്നെയാണ് മനസ്സ് തന്നെയാണ് സ്ഥൂലമായ ശരീരത്തെ എടുക്കാൻ കാരണമായത് കാമം എന്ന വികാരം മനസ്സിലാണ് അല്ലേ അതിലൂടെയാണ് കാമം കർമ്മമായി കർമ്മം ബീജമായി ബീജം സന്താനമായി അങ്ങനെയല്ലേ വരുന്നത് ആണോ അല്ലയോ അപ്പൊ കാമം തന്നെയാണ് ശരീരമായി വന്നത് അതുകൊണ്ട് ഇതിന് ശരീരത്തിനോട് വലിയൊരു എന്തുണ്ട് ആകർഷണം ശ്രദ്ധിക്കണേ നിങ്ങള് അപ്പൊ മനസ്സാകുന്ന തണ്ടിലാണ് ഈ ശരീരമാകുന്ന ചക്രം എന്നാൽ ഈ തണ്ടിനെവിടെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കണ്ടേ ഒരു ചക്രത്തിനെ നമ്മള് ഒരു ശ്രദ്ധിക്കുന്ന ഒരു ചക്രം ആ ചക്രത്തിനെ താങ്ങി നിർത്താൻ ഒരു കുറ്റി ആ കുറ്റി ഉറപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റിയാണ് മനസ്സ് ചക്രമാണ് ശരീരം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരം നമ്മൾ അറിയുന്നില്ല പക്ഷെ എവിടെയാണ് കറങ്ങുന്നത് ശ്രദ്ധിക്കൂ ശരീരം കറങ്ങുന്നത് മനസ്സാകുന്ന ഒരു കുറ്റിയിലാണ് ഈ കുറ്റി ഉറപ്പിച്ചിരിക്കുന്നത് ഈശ്വര സർവഭൂതാനാം എവിടെയാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിലാണ് അപ്പൊ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യവും അതിൽ ഒരു മനസ്സും ആ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിങ്ങൾ ബ്രെഡില് രണ്ട് ബ്രെഡില് ജാമോ അല്ലെങ്കിൽ നിങ്ങൾ അമോലിന്റെ ഒക്കെ മേടിക്കാറില്ലേ അതൊക്കെ മേടിച്ച് തേച്ച് വെക്കുന്നത് പോലെ ഈ ഭട്ടർ തേച്ച് കഴിഞ്ഞാൽ അതിന് ബ്രെഡിനോടൊരു പൊട്ടല് വരും ഈ ഭട്ടറാണ് ഏത് നമ്മുടെ മനസ്സെന്ന് പറയുന്ന സാധനം അത് ശരീരത്തിനും ചൈതന്യത്തിനും ഇടയ്ക്ക് നിൽക്കുന്നത് നിങ്ങൾ രാമായണത്തിനൊരു വരികൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ലക്ഷ്മണനും ശ്രീരാമനും ഇടയിൽ നടക്കുന്ന സീതയെ പോലെ അവിടെ പ്രയോഗം പറയും അവിടെ ജീവാത്മാ പരമാത്മാക്കൾക്കിടയിൽ മായ എന്നതുപോലെ എന്തൊരു ഗംഭീര പ്രയോഗങ്ങളാണ് ഈ മായയായിട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ തന്നെയാണ് ഇനി ശ്രദ്ധിക്കൂ ഇനി ശരീരം കറങ്ങുന്ന സമയത്ത് ഈ മനസ്സെന്ന് പറയുന്ന സംസ്കാരത്തിന് ശരീരത്തോട് ആകർഷണം വരുമ്പോ ഈ ശരീരം കറങ്ങുന്നത് ആർക്ക് തോന്നില്ല ഈ മനസ്സിന് തോന്നില്ല തോന്നുന്നത് മുഴുവൻ ജീവൻ വരുന്നതും ജീവൻ പോകുന്നതുമാണ് നേരത്തെ ഞാൻ പറാറ്റ്ഫോമിലിരുന്ന് നോക്കുമ്പോ ട്രെയിൻ വരുന്നതും പോകുന്നതും തോന്നില്ല പ്ലാറ്റ്ഫോം പോകുന്നത് പോലെ വരുന്നു ഇതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അതൊരിക്കലും വരാത്തതും പോവാത്തതുമാണ് പക്ഷെ മനസ്സിന് തോന്നുന്നത് ശരീരമല്ല പോകുന്നതും വരുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ ജീവൻ വരുന്നു ജീവൻ പോകുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത് അയാളുടെ ജീവൻ പോയി അയാളുടെ ജീവൻ വന്നു എന്ന് ിൽ ജീവൻ വരുന്നുമില്ല പോകുന്നുമില്ല വരുന്നതും പോകുന്നതും ശരീരമാണ് വരുന്നതും പോകുന്നതും വാസ്തവത്തിൽ ശരീരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധിക്കുന്നാലേ മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സ്ഥൂലമായി മാത്രം എടുക്കരുത് ഓരോ സെല്ലുകളും ശരീരമാണ് ഈ സെല്ലുകളൊക്കെ ഓരോ നിമിഷവും വരുന്നതും പോകുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഏ ജനവും മരണവും ഉണ്ടോ വരുന്നതും പോകുന്നതും ശരീരമാണ് ആരല്ല മനസ്സും വരുന്നും പോകുന്നുമില്ല ഈ ചൈതന്യവും വരുന്നും പോകുന്നുമില്ല പക്ഷെ മനസ്സിന് ശരീരത്തോടുള്ള ഒട്ടൽ കൊണ്ട് തോന്നുകയാണ് ഈ മനസ്സീ എന്താണ് ചൈതന്യമാണ് ജീവനാണ് വരുന്നതും പോകുന്നതും എന്നുള്ളത് ആരുണ്ടാക്കി വെച്ചത് നമ്മുടെ മനസ്സിന്റെ ഒട്ടൽ കാരണം ഏതിനോടുള്ള ഒട്ടൽ കാരണം ശരീരത്തോട് കാലത്തോട് ഒട്ടിപ്പിടിച്ചാൽ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും നമുക്ക് തെറ്റായ ഒരു അറിവ് തരും അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഞാൻ കാലവുമാണ് ഇനി ഞാൻ അവിടം കൊണ്ട് നിൽക്കുന്നില്ല ഞാൻ അതിനും അപ്പുറത്തുമാണ് അതാരാണ് ഭഗവാൻ പറയാണ് എന്റെ മറ്റൊരു എന്റെ യഥാർത്ഥ ഭാവം എന്ന് പറയുന്നത് എന്താണ് എല്ലാവരിലും ഞാൻ സർവലോക മഹേശ്വരായിട്ട് നിറഞ്ഞിരിക്കുന്നു എന്റെ യഥാർത്ഥ ഭാവം എന്ന് പറയുന്നത് ഈശ്വര സർവഭൂതാനം ഞാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഉള്ളിലും ഈശ്വരനായിട്ടിരിക്കണോ നേരെ പറഞ്ഞല്ലോ എന്നെ മനുഷ്യരൂപത്തിൽ കാണരുത് എന്നെ എങ്ങനെ കാണണം ആ ശ്ലോകമൊക്കെ മറന്നുപോയോ നിങ്ങൾ ഒമ്പതാമത്തെ അധ്യായം എടുക്കൂ അവജാനന്ദിമാമൂഢ മനുഷ്യം തനുമാശിതം പരംഭാവമജാനന്ദ മമഭൂതമഹേശ്വരം ഞാൻ സർവഭൂതങ്ങളുടെയും മഹേശ്വരനായിട്ടിരിക്കുന്നു അതാണ് എന്റെ യഥാർത്ഥ ഭാവം അങ്ങനെയുള്ള യഥാർത്ഥ ഭാവത്തിലാണ് ഈ മനസ്സെന്ന് പറയുന്ന സാധനം ില്ക്കുന്നത് ഇനി നമുക്കൊന്നും കൂടി ഇത് അനലൈസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കാലം എന്ന് പറയുന്നത് ചലനമാണെന്ന് പറഞ്ഞു ചലിച്ചിട്ടില്ലെങ്കിൽ എന്തില്ല കാലമില്ല ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ വാച്ച് എടുക്കുക പിളുപ്പ് നിങ്ങൾക്ക് മനസ്സിലാവും രാവിലെ സമയം തുടങ്ങുന്നു പന്ത്രണ്ട് മണിയുടെ മുകളില് മിനിറ്റ് സൂചി നിൽക്കുന്നു ഹവർ സൂചി നിൽക്കുന്നു സെക്കൻഡ് സൂചി നിൽക്കുന്നു എത്ര സമയം അത് കഴിഞ്ഞാൽ അടുത്ത സമയത്രയാ രാത്രി പന്ത്രണ്ട് മണിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഏ ഒരു സെക്കൻഡ് ആ ഒരു സെക്കൻഡ് എവിടുന്നാ തുടങ്ങുന്നത് പന്ത്രണ്ടെന്ന് തുടങ്ങോ പൂജ്യത്തിൽ നിന്നല്ലേ തുടങ്ങോ ആണോ അല്ലേ ഇരുപത്തിനാല് സോറി എന്താണ് അതെ ഇരുപത്തിനാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലാമത്തെ മണിക്കൂർ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സീറോം കൂടിയാണ് മനസ്സിലായില്ല ഒന്ന് തുടങ്ങുന്നത് എപ്പോഴും സീറോയിൽ നിന്നല്ലേ അപ്പൊ സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ സീറോയിൽ ഒരു സൂചി നിൽക്കുന്നു ഇരിക്കാം മിനിറ്റ് സൂചിയും ഹവർ സൂചിയും ഒക്കെ നിൽക്കുന്നു അപ്പൊ സമയം എത്രയാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് When the needle stand on zero, what is the time? there is no time anger or kal undo zero time no time nottu or kal undo pakshe avada sooji nikkano vendeyo nalalle onnile or second like chaadan padallo or second like chaadane munpu there is no time actually but timeless aitla oru avashteyil naanu endu verunathu time verunathu ano alle oru second chaadumboykkum nammal parayum oru second aayenu അപ്പോ സൂചി നേരത്തെ സീറോയിൽ നിന്ന് ചാടുന്നു ആ ചാടുന്നതോട് കൂടിയിട്ട് സീറോ പാസ്റ്റായി സീറോ പാസ്റ്റിലേക്ക് പോയി പ്രസന്റ് എവിടെ വന്നു സെക്കൻഡായി ഇപ്പൊ ഒരു സെക്കൻഡായി അപ്പൊ സീറോ എവിടെ പോയി വീണ്ടും സെക്കൻഡ് അടുത്ത സെക്കൻഡ് സെക്കൻഡിലേക്ക് വന്നു ഒരു സെക്കൻഡ് എവിടെ പോയി കഴിഞ്ഞു പോയി ഇങ്ങനെ ഒരു സൂചി കട സമയം മുന്നോട്ട് പോകും തോറും കഴിഞ്ഞതെല്ലാം പാസ്റ്റിലേക്ക് പോയി നമ്മൾ എവിടെ നിൽക്കുന്നു പ്രസന്റിൽ നിൽക്കുന്നു വീണ്ടും കാലം മുന്നോട്ട് പോവാണ് ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഈ ഫ്യൂച്ചറിലേക്കുള്ള യാത്ര പാസ്റ്റിലേക്ക് പാസ്റ്റ് കഴിഞ്ഞു പോകുന്നതൊക്കെ നിൽക്കുന്നത് പ്രസന്റിൽ നിന്നാണ് സിറ്റ് നോക്കി എപ്പോഴും നടക്കുന്നത് പ്രസന്റിൽ നിന്നാണ് പ്രസന്റാണ് കാലം എന്ന് പറയുന്നത് ശരി െന്ന് പറയുന്നത് പ്രസന്റ് ഓൾവേസ് പ്രസന്റ് ഇപ്പോ ഈ കാലം നമ്മളെ സംബന്ധിച്ച് പ്രസന്റ് ആണ് അടുത്ത സമയം ഈ സമയം കുറച്ച് കഴിഞ്ഞാൽ പ്രസന്റ് അല്ലാതെ തീരും വരാൻ പോകുന്നതോ പ്രസന്റാണോ ആണോ അത് കാലത്തിൽ പെടുന്നുണ്ടോ ഇപ്പോ പെടുന്നുണ്ടോ മീൻസ് ചലനവുമാണ് അതെപ്പോഴും പ്രസന്റുമാണ് ഇനി പ്രസന്റ് നിലനിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ പ്രസൻസിലാണ് അതായത് നമ്മൾ പ്രസന്റിനെ അറിയണമെങ്കിൽ പ്രസൻസ് വേണം അപ്പൊ സീറോ ടൈം എന്ന് നമ്മൾ പറയണമെങ്കിൽ ആ സീറോ റെക്കഗ്നൈസ് ചെയ്യാൻ ഒരു പ്രസൻസ് വേണം വേണോ വേണ്ടോ അപ്പൊ നമ്മുടെ മനസ്സിന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിന് പാസ്റ്റിലേക്ക് പോവാനും കഴിയും ഫ്യൂച്ചറിനെ ചിന്തിക്കാനും സാധിക്കും ില് നിൽക്കാനും സാധിക്കും മനസ്സിന് പാസ്റ്റിലേക്കും പോവാം ഫ്യൂച്ചറിലേക്കും പോവാം പ്രസന്റിൽ നിൽക്കാം പ്രസന്റിൽ നിൽക്കുന്നാൽ ആരിലേക്ക് ശ്രദ്ധ പറ്റും പ്രസൻസിലേക്ക് ശ്രദ്ധ തിരിക്കാം ഈശ്വരൻ പ്രസൻസാണ് അതുകൊണ്ടാണ് ഈശ്വരനെ സത്ത് എന്ന് വിളിച്ചത് ഋഷീശ്വരന്മാർ സത്ത് എന്ന് പറഞ്ഞാൽ എവർ പ്രസൻസ് ഭഗവാൻ എപ്പോഴും പ്രസൻസാണ് പ്രസന്റല്ല ഭഗവാൻ ഭഗവാൻ പ്രസൻസാണ് തന്റെ പ്രസൻസ് നിറഞ്ഞിരിക്ക സാന്നിധ്യം പ്രസൻസാണ് സാന്നിധ്യം ഈ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് മനസ്സ് എങ്ങോട്ടൊക്കെ പോകുന്നത് പാസ്റ്റിലേക്കും ഫ്യൂച്ചർ അപ്പൊ ഭഗവാനിലേക്ക് മനസ്സ് തിരിയണമെങ്കിൽ മനസ്സിനെവിടെ നിർത്തണം പ്രസൻറിൽ നിന്ന് പ്രസന്റിൽ മനസ്സിനെ പിടിച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ പാസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് അതിൽ നിന്നും മനസ്സിന്റെ വീണ്ടും അപ്പോ പാസ്റ്റ് എപ്പോഴും നമുക്ക് കഴിഞ്ഞു പോയതിന്റെ റിഗ്രറ്റ് ഉണ്ടാക്കും ഫ്യൂച്ചർ എപ്പോഴും വരാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും ഇനിയിപ്പെന്ത് സംഭവിക്കുന്നു വൈഷ്ണവിയിലേക്ക് എനിക്ക് കയറാൻ പറ്റുമോ അതിനെക്കുറിച്ചുള്ള എക്സൈറ്റഡ് ആണ് പലരും ഇപ്പോഴേ ചിലർ പാക്കിങ് തുടങ്ങിക്കഴിഞ്ഞു ഇത് കൊണ്ടുകൂടോ അത് കൊണ്ടുകൂടോ എന്നുള്ളത് എക്സൈറ്റ്മെന്റ് സ്വാഭാവികമാണ് വരുന്നതിനെ കുറിച്ചുള്ളൊരു എക്സൈറ്റ്മെന്റും കഴിഞ്ഞതിനെ ഒരു റിഗ്രറ്റും എല്ലാ മനുഷ്യ മനസ്സിലും കടന്നു ണോ അല്ലയോ അപ്പോ ഈ രണ്ട് രീതിയിൽ മനസ്സ് പോകുമ്പോ മനസ്സിനെ നമ്മൾ പിടിച്ചു വെക്കണമെങ്കിൽ പറയണം കഴിഞ്ഞതെല്ലാം ഭഗവത് നിയോഗം വരാൻ പോകുന്നതും ഭഗവത് നിശ്ചയം കഴിഞ്ഞതിനെ കുറിച്ചിരുന്ന് ദുഃഖിച്ചത് കാര്യമില്ല മനസ്സെ നീ കഴിഞ്ഞതിനെ അങ്ങോട്ട് വിടണം വരാൻ പോകുന്നതിനെ എക്സൈറ്റ് ചെയ്തിട്ടും കാര്യമില്ല നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെ നമ്മളെ മനസ്സിനെ പ്രസന്റിലേക്ക് കൊണ്ടുവരുമ്പോ ആരിലേക്ക് ശ്രദ്ധ തിരിക്കാം പ്രസന്റിലിരിക്കുന്ന മനസ്സിനെ പ്രസൻസിന്റെ ശക്തി അറിയുന്നു പ്രസൻസിന്റെ ശക്തിയുള്ളവർക്ക് ശക്തിയുള്ളവർക്ക് വരാൻ പോകുന്നതിനെ ഫേസ് ചെയ്യാനുള്ള കരുത്തുണ്ടാവുള്ളൂ മനസ്സിലായില്ലേക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം അതായത് നമ്മൾ ഫ്യൂച്ചറിനെ ചിന്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന ചോദിച്ചു നമ്മൾ ഭഗവാന്റെ ശക്തിയിൽ നിന്നും അകന്നിട്ട് മാറ്റത്തിന്റെ ശക്തിയിൽപ്പെട്ടുപോയി മാറ്റത്തിൽ ഇരിക്കും തോറും നമ്മുടെ ശക്തി കുറയാണ് ചെയ്യുക മാറാത്ത ഭഗവാന്റെ കൂടി ഇരിക്കും തോറും നമ്മുടെ മനസ്സിന്റെ ശക്തി കൂടിക്കൂടി വരികയാണ് ചെയ്യുക അപ്പം എപ്പോഴും മനസ്സിന് ശക്തി ഉണ്ടാവണമെങ്കിൽ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം പ്രസൻസ് പ്രസന്റിലേക്ക് മാത്രമല്ല പ്രസൻസിലേക്ക് കൊണ്ടുവരണം ശ്രദ്ധ തിരിക്കണം നിങ്ങൾ കാലത്തിനും അതീതമായി ാലത്തിലും ഒരുപോലിരിക്കുന്നതാണ് ഭഗവാന്റെ പ്രസൻസ് അതുകൊണ്ടാണ് ഭഗവാനെ സത്ത് എന്ന് വിളിക്കുന്നത് സത്ത് എന്ന് പറഞ്ഞാൽ സത്യമായി എപ്പോഴും നിലനിൽക്കുന്നത് സത്യം എന്നുള്ള ശബ്ദത്തിന് ശങ്കരാചാര്യസ്വാമികൾ നിർവചനം കൊടുത്തത് ത്രികാലേ തിഷ്ടതി തത് സത്യം ത്രികാലേ ത്രികാലം എന്ന് മൂന്ന് കാലം അതേതൊക്കെയാണ് നല്ല കാലം കഷ്ടകാലം ആണോ നമുക്ക് കാലം എന്ന് പറയുമ്പോ എപ്പോഴും നമ്മള് കഷ്ടകാലം നല്ല കാലം അറിയിക്കുക എന്റെ നല്ല കാലത്ത് ഞാൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയോ ഇപ്പൊ എഴുതുകാലാണ് ഇപ്പൊ പറയണ്ട കഷ്ടകാലം ഇനി വരാൻ പോകുന്ന കാലം ആർക്കറിയാം ഏത് കാലാണെന്നുള്ളത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നത് കാലം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പ്രസന്റ് അപ്പൊ പ്രസന്റ് ഇരിക്കുന്നത് പ്രസന്റിനെ അറിയാൻ ഒരാളോണ്ടാണ് ആര് മനസ്സ് ഈ മനസ്സിന് അതിന് അറിയാൻ സാധിക്കുന്നത് മനസ്സെവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈശ്വരന്റെ പ്രസൻസിലിരിക്കുന്നോണ്ടാണ് അപ്പൊ മനസ്സെന്ന് പറയുന്ന സാധനത്തിന് ഭഗവാന്റെ പ്രസൻസിലിരിക്കാനും സാധിക്കും പ്രസന്റിലിരിക്കാനും സാധിക്കും പാസ്റ്റിലിരിക്കാനും സാധിക്കും ഫ്യൂച്ചറിലിരിക്കാനും സാധിക്കും എവിടേക്ക് തിരിയാൻ പറ്റുന്നൊരു സാധനമാണ് ഏത് മനസ്സെന്ന് പറയുന്ന സാധനം ഇതിനെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി ജീവിച്ചാൽ ഇതിനെ തിരിച്ച് ആരിലേക്ക് കൊണ്ടുവരാം ഭഗവാനിൽ മനസ്സിലാവണ്ടല്ലോ ഭഗവാനിലേക്ക് മനസ്സ് തിരിയും തോറും ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല നമ്മളെ സംബന്ധിച്ച ഫ്യൂച്ചർ എങ്ങനെ വന്നാലും കൂടെ ഭഗവാനുണ്ട് എന്നൊരു മനോധൈര്യം നമുക്കതിലെ കടന്നു പോവാനുള്ള ഒരു ശക്തി തരും ഒരാൾക്ക് പാസ്റ്റും പ്രശ്നമല്ല കാരണം മനസ്സങ്ങോട്ട് പോകും തോറും മനസ്സിനോട് ഉള്ളിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കറക്റ്റ് ചെയ്യാൻ ഇനി പറ്റില്ല പറ്റുമോ നീക്കി എൽ കെ ജി പഠിക്കാൻ തുടങ്ങാൻ പറ്റുമോ നിങ്ങൾ പറയണോ സ്വാമി ഇതൊക്കെ നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എന്റെ വിവാഹ ജീവിതമൊക്കെ എങ്ങനെ നടത്താമായിരുന്നു എത്ര ഗംഭീരായിട്ട് നടത്താമായിരുന്നു ഇനിയിപ്പോ കറക്റ്റ് ചെയ്യാൻ പറ്റുവോ ഒന്നുകൂടി കെട്ടി നോക്കിയിട്ട് ചിലരെങ്ങനെയൊക്കെ പറയാറുണ്ട് ഇതൊക്കെ നേരത്തെ പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ എന്റെ ഡീലിങ്സ് നന്നാക്കുമായിരുന്നു ഇനിയിപ്പോ ഡീലിങ്സ് ശരിയാക്കാൻ പറ്റുമോ ഇത് സ്പോർട്സ് അല്ലാതെ പറയട്ടെ സ്പോർട്സിലൊരു പ്രത്യേകത ഉണ്ട് വീണ്ടും നമുക്ക് റിഹേഴ്സൽ ആവർത്തിക്കാം നിങ്ങൾ ഓടിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഒരു ഒളിമ്പിക്സ് പോയാലും കുഴപ്പമില്ല അടുത്ത ഒളിമ്പിക്സിൽ വരും അപ്പോഴും ഓടാൻ പറ്റും പക്ഷെ ഒരു കല്യാണം ശരിയില്ലെങ്കിലോ മനസിലായില്ലേ നിങ്ങൾക്ക് സ്പോർട്സിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ഓട്ടത്തിൽ ശരിയായില്ലെങ്കിൽ അടുത്ത ഓട്ടത്തിൽ എവിടെയെങ്കിലും ശരിയാക്കിയെടുക്കാം ഒരു കളി തോറ്റുപോയാലും അടുത്ത കളിയിൽ ശരിയാക്കാം കല്യാണത്തിന് അതോ ഒരു കല്യാണം ശരിയില്ല എന്നാൽ അടുത്തതിലൊന്നും നോക്കാം നമുക്ക് അത് ശരിയാവോ ഇല്ലേ എന്നുള്ളത് കൃഷ്ണന് പറ്റിയിരിക്കാം കാരണം നാരായണത്തിന്റെ ഭാര്യമാരുള്ളത് കൊണ്ട് സാധിക്കണ്ടോ സാധിക്കില്ല അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കും നമ്മള് ജീവിതം എന്ന് പറയുന്നത് അതിലൊരിക്കലും കഴിഞ്ഞു പോയത് സാധിക്കുവോ പണ്ടൊരു ചെയ്തതുപോലെ കാരണം അവര് നേരെ റോട്ടിലിറങ്ങിയിട്ട് ബസ്സിന് കൈ കാണിച്ചു ബസ്സുകാരൻ അവിടെ നിർത്തി പറഞ്ഞു കയറാനാണോ വെച്ചു കയറാനല്ല റിഹേഴ്സലാണോന്ന് നാളെ ഒരു കല്യാണത്തിന് പോകാനുണ്ട് അപ്പൊ ഇവിടെ ബസ് നിൽക്കുമെന്നുള്ളത് ഞാനൊന്ന് റിഹേഴ്സല് ചെയ്ത് നോക്കുകയാണെന്ന് നാളെ അയാൾക്ക് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇന്നേ ഒന്ന് റിഹേഴ്സല് ചെയ്ത് ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് എന്തില്ല നോ റിഹേഴ്സൽ അപ്പൊ ഇനി കഴിഞ്ഞു പോയതിനെ കുറിച്ച് ചെയ്തിട്ട് കാര്യമില്ല ചില ആളുകളുണ്ടല്ലോ പ്രായം കൂടുന്തോറും ഈ ഓൾഡ് ഏജ് ടെറിബിൾ ആവുന്നത് എന്തുകൊണ്ടുവച്ചാൽ അവരിങ്ങനെ കഴിഞ്ഞു പോയത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ആരായിരുന്നു നിങ്ങൾക്ക് അറിയോ നിങ്ങളെയൊക്കെ ഒട്ടേക്ക് എടുത്ത് എനിക്ക് സാധിക്കായിരുന്നു നിനക്കൊരൊരു ബക്കറ്റ് തൂക്കാൻ പറ്റുമോ അമ്മായിയമ്മ മരുമകളോട് പറയുമ്പോ മരുമകൾ എന്ത് പറയും നിങ്ങൾ നിങ്ങളെ തന്നെ തൂക്കി നടന്നാൽ മതിയെന്ന് അപ്പൊ അന്ന് അവർക്ക് ശക്തി ഉണ്ടായിരുന്നു ഇന്നത്തെ മരുമകൾക്ക് ശക്തിയില്ല കാരണം അന്നത്തെ അമ്മായിയമ്മ കഞ്ഞി കുടിച്ച ശക്തിയിലാണ് ഇന്നത്തെ മരുമകൾ ഹോർലിക്സിന്റെ ശക്തിയിലാണ് രണ്ടും വലിയ വ്യത്യാസമുണ്ട് ചില വീടുകളിലൊക്കെ ഉള്ള പ്രശ്നം ഒരു വീട്ടിൽ ഭയങ്കര ബഹളം അച്ഛൻ നിനക്കൊക്കെ എന്തിന്റെ കുറവാടാന്ന് എത്ര ഷൂ എത്ര ഡ്രസ്സ് ആറും ഏഴും പാന്റ് എത്ര ഷൂ എത്ര ബെൽറ്റ് എത്ര ടൈറ്റ് എത്ര എന്തെല്ലാം സാധനങ്ങൾ എലക്ട്രിക് ലൈറ്റുകൾ ബെഡ് ലൈറ്റ് എന്താണ് അതുപോലെ ബെഡ് ലാംപ് അതുപോലെ തന്നെ ടേബിൾ ലാമ്പ് എന്റെ ജീവിതത്തിൽ ഞാനിതൊന്നും കണ്ടിട്ടേ ഇല്ല ഒരൊറ്റ മുണ്ടു കൊടുത്തിട്ടാവും സ്കൂളിൽ പോയത് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ചെരുപ്പ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ മണ്ണെണ്ണ വിളക്കിലാണ് ഞാനൊക്കെ പഠിച്ചത് എന്ന് നിനക്ക് അറിയാവുന്നു അതൊക്കെ കെറോസിനെ നിനക്കൊക്കെ എന്തിന്റെ കുറവാണ് ധാരാളിത്തം ഉള്ളത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ചീത്ത പറഞ്ഞിട്ട് ഞാനൊക്കെ ഉണ്ടല്ലോ ആ പുകയൊക്കെ തട്ടി കണ്ണിൽ പോയി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാ പിടിച്ചത് നിനക്കൊക്കെ എന്തിന്റെ കുറവാണ് കുട്ടി പറഞ്ഞ മണ്ണെണ്ണയുടെ കുറവാണെന്ന് ഇനിയിപ്പോ മണ്ണെണ്ണ ഒരിക്കലും വരാൻ പോകുന്നില്ല കറുദ്ധി വരാൻ പോകുന്നില്ല ആ കാലം കഴിഞ്ഞു പോയി ഇനിയിപ്പോ അതൊക്കെ പിടിച്ചുപൊലിച്ച് കൊണ്ടുപോയിട്ട് എന്താ കാര്യം ഇതാണ് ചിലരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അവരാ കഴിഞ്ഞു പോയതിൽ തന്നെ ഇരുന്ന് എനിക്ക് തോന്നാറുണ്ട് ചില വയസ്സായിട്ടുള്ള ആളുകളെ കാണുമ്പോഴല്ലോ പണ്ടത്തെ ഗ്രാംഫോൺ ആ ഓർമ്മ വരിക പണ്ട് വലിയ ഇന്നത്തെ സി ഡിയിലൊരു മുത്തച്ഛണ്ടായിരുന്നു കറുത്തിട്ട് അതില് പാട്ട് പാടിക്കുമ്പോൾ അതിലെങ്ങാനൊരു വര വീണാൽ അതെന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഇവരിങ്ങനെ യാത്ര ആള് വന്നാലും അതെന്നെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ചില പാട്ടുകളിലുണ്ടോ വര വീണ കൊണ്ടുപോയി എന്നുള്ള കൊണ്ടുപോയി കൊണ്ടുപോയി ആരേ കൊണ്ടുപോയി എന്ന് ഇതിങ്ങനെ കറങ്ങി കറങ്ങി പിന്നെ ആരെ കൊണ്ടുപോയി എന്നറിയണമെങ്കിൽ ഒറ്റ തട്ടുകൊടുക്കണം അപ്പൊ അനീട്ടിൽ അപ്പുറത്തേക്ക് വീഴും അപ്പൊ കൊണ്ടുപോയി അവളെ ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടങ്ങിക്കോളൂ ഇതുപോലെ ഈ പ്രായമുള്ള ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് അവര വര വീണതുപോലെ പഴയ കാലങ്ങളിൽ ജീവിക്കും മനസ്സിനെ ഒരിക്കലും എവിടേക്ക് കൊണ്ടുപോരുത് കഴിഞ്ഞു പോയതിന്റെ ഗമ പറയാനോ കഴിഞ്ഞു പോയതിന്റെ റിഗ്രറ്റിൽ ജീവിക്കാനോ സമ്മതിക്കരുത് മനസ്സിനെപ്പോഴും വൈബ്രന്റ് ആക്കി വെക്കാം പ്രസന്റിലാണെങ്കിൽ മനസ്സ് നിൽക്കില്ല കാരണം പ്രസന്റിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പറയാനുള്ളതൊക്കെ നിങ്ങൾ കുട്ടികളെ ഇഷ്ടപ്പെടാൻ എന്താ കാരണം ചെറിയ കുട്ടികളെ ഇഷ്ടപ്പെടാൻ കാരണം ഒരു കാര്യം നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവം ഉണ്ടാവും ചെലപ്പം ഒരു പ്രായമുള്ള ഒരാളുടെ കൂടെ അടുത്തിരിക്കാനും ഒരു ചെറിയ കുട്ടിയുടെ അടുത്തിരിക്കാനും നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നാൽ നിങ്ങൾ ഏതാ ഓപ്റ്റ് ചെയ്യു വേഗത്തില ഉത്തരം പറയുന്നത് നിങ്ങള് നാളെ നിങ്ങളും അവസ്ഥ വരേണ്ടതാണ് പല്ലും കണ്ടും മൂക്കും തുന്ന അവസ്ഥ വരുന്നത് അതെന്താ നിങ്ങളെ കുട്ടിയെ ഓപ്റ്റ് ചെയ്തത് പാവ വയസ്സായിട്ടുള്ള ഒരാളെ ഇനി പോട്ടെ ഒരു പ്രായമുള്ള ഒരാളുടെ അടുത്തിരിക്കലും നിങ്ങൾക്കൊരു ശിക്ഷ തരികയാണ് ഒരു മാസം ജയിൽ ശിക്ഷയും തരിക ഏതാ ഓപ്റ്റ് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ഒരു ജയിലിൽ അറിയില്ലിരിക്കാനുള്ള ശിക്ഷ തരിക നിങ്ങൾ തെറ്റ് ചെയ്ത് തരുന്ന ഏതെടുക്കുക നിങ്ങൾ ജയിൽ ശിക്ഷയിൽ എടുക്കുക അതെന്താ മറ്റും ഭയങ്കര ചിറ്റിയിരിക്കരുത് അല്ലേ അത് അതാണ് നമ്മൾ തിരിച്ചറിയാത്തത് അപ്പെന്തുകൊണ്ട് ശ്രദ്ധിക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അവരെ ഓപ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് നിങ്ങൾ കുട്ടിയെ ഓപ്റ്റ് ചെയ്തു കാരണം കുട്ടിയുടെ മനസ്സെപ്പോഴും സന്റിലാണ് അതുകൊണ്ട് പ്രസൻസ് നല്ലവണ്ണം സന്തോഷത്തിലാണ് അവനിങ്ങനെ വൈബ്രന്റാണ് അതുകൊണ്ട് നമ്മൾ അവന്റെ കൂടെ കൂടുമ്പോ അവന്റെ ഒരു എനർജി നമുക്കും കിട്ടുകയാണ് എന്നാൽ വയസ്സായിട്ടുള്ള ആളുടെ കൂടെ കൂടുമ്പോ നമ്മുടെ ഉള്ള എനർജി പോവാണ് നമ്മൾ അറിയുന്നില്ല ഇവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കുമ്പോൾ നമുക്കും തോന്നും ആകെ വേദന വരുന്നുണ്ടോ എന്ന് മേലാകെ പിന്നെ നമുക്ക് അവിടെ ഓടേണ്ടി വരും ശരി ടെപ്പ വരാതുകൊണ്ട് നമ്മളൊരു മുങ്ങല മുങ്ങേണ്ടി വരും അതുകൊണ്ട് വയസ്സായിട്ടുള്ള ആളുകൾക്ക് ജീവിതം ദുരന്തമാക്കുന്നത് അവർ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ തന്നെ അതുകൊണ്ടാണ് ഇരിക്കാൻ പണ്ടുള്ളവര് പറയുന്നത് എന്ത് മിണ്ടാതെ ഒരു ഭാഗത്തിരുന്ന് രാമനാമം ജപിക്കൂ എന്ന് കഴിഞ്ഞതിനെ കുറിച്ച് പറയരുത് എന്നുള്ളത് അതൊരു പ്രാക്ടിക്കലി നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം ഈ ഗീതയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ ആ കഴിഞ്ഞുപോയ കാര്യങ്ങളിലൊന്നും ഏഹ് അതിലൊന്നും മനസ്സ് വെച്ച് സമയം കളയരുത് ഇങ്ങനെ എന്തെങ്കിലും ഭഗവത്ഗീതയോ ഭാഗവതോ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വായിച്ചിട്ടോ എങ്ങനെയെങ്കിലും സമയം പൂക്ക അല്ലാതെ നമ്മുടെ എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് കുഴിയാന പോലും ഇല്ലാത്തൊരു ആളത് പറയുന്നത് വീടുകളിലൊക്കെ കുഴിയാനാ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാവും കണ്ടിട്ടില്ലേ ഇന്നിപ്പോ അത് കാണാനുണ്ടോ അറിയില്ല ഇന്നത്തെ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ അറിയില്ല പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു കുഴിയാനാ പറയുന്ന സാധനം അപ്പോ പണ്ട് എന്റെ വീട്ടില് ആന ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഇപ്പൊ കുഴിയാന പോലും ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പൊ അതുപോലെ നമ്മുടെ മനസ്സിനെ ഒരിക്കലും എവിടേക്ക് വിടരുത് കാസിലേക്ക് അതുപോലെ ചെറുപ്പത്തിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ യൗവനം മുഴുവൻ പ്ലാനിംഗ് ആണ് നൂറ് അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് വേണ്ടെന്നല്ല ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ അത് പൂർണ്ണമാവില്ല അത് നൂറ് പദ്ധതികൾ വെച്ച് ജീവിക്കുന്നവർക്കുണ്ടല്ലോ ഒരു കാര്യവും പെർഫെക്റ്റായി ചെയ്യാൻ പറ്റില്ല ഈ രാഷ്ട്രീയക്കാരെ പോലെ തന്നെയാണ് ബ്രിഡ്ജ് പണിയും പക്ഷെ കാലുണ്ടാവില്ല അത് പിന്നെ അത് തീരുന്നെങ്കിൽ അടുത്ത ഗവൺമെന്റ് വരണ്ടി വരും കാരണം നൂറ് നൂറ് നൂറ് നൂറ് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്തുണ്ടല്ലോ ഈ മുടി വെട്ടുന്നത് പോലെ എന്ന് പറയും ഈ രാമേശ്വരത്തെ ക്ഷൗരം എന്ന് പറയും രാമേശ്വരത്തെ ക്ഷൗരം എന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോഴേക്ക് അയാള് കുറച്ച് കട്ടി അപ്പോഴേക്കും അടുത്ത ആളിലേക്ക് കട്ടി ചെയ്യും പോകാൻ പറ്റില്ല കാരണം പകുതി ഷെയ്വ് ചെയ്ത് വെച്ചിരിക്കാണ് അപ്പൊ അയാളവിടെ എന്തേ പറ്റുള്ളൂ ഇയാളാണ് ഈ കച്ചവടം ഇയാളെ കച്ചവടം കൂട്ടിക്കൊണ്ടിരിക്കും ഒന്നും അയാളെ കൊടുത്തേക്കില്ലേ ആരും ഇറങ്ങിപ്പോൾ ചെയ്തിട്ട് ഒരു മനുഷ്യൻ അവിടുത്തെ ഇറങ്ങി പോവില്ല അയാൾക്ക് അത്ര കോൺഫിഡൻസ് ആണ് ഇതുപോലെയായി തീരും നമ്മൾ നൂറ് നൂറ് നൂറ് പദ്ധതികളിലേക്ക് മനസ്സ് അപ്പോ ഏതെങ്കിലും ഒന്നിൽ മനസ്സ് പെർഫെക്റ്റ് ആവണമെങ്കിൽ ആ മനസ്സിനെ നമ്മൾ എവിടെ നിർത്താൻ പഠിക്കണം പ്രസന്റിൽ ഇതിനാണ് നമ്മൾ ധ്യാനവും ജപവും ഒക്കെ പരിശീലിക്കുന്നത് ഈ ജപത്തിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ജപിക്കുംതോറും മനസ്സ് പ്രസന്റിൽ നിൽക്കും ജപം മനസ്സിനെ പ്രസന്റിലേക്ക് പ്രസന്റിൽ നിൽക്കുന്ന മനസ്സിനെ പ്രസൻസിലേക്ക് തിരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പ്രസൻസിൽ ഉറപ്പിക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ജപം നമുക്ക് ആവശ്യമാണെന്ന് പറയാൻ കാരണം അപ്പൊ എങ്ങനെ ജപിക്കണം എങ്ങനെ ജപിക്കണം എണ്ണം തികയ്ക്കാൻ ജീവിക്കരുത് ചിലണ്ടല്ലോ മാലയൊക്കെ എടുത്തിട്ട് നാരായണ നാരായൺ പറഞ്ഞേ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ അവസാനം ഒരു ഓ ഒരു മാല തീർന്നു അടയ്ക്കട്ടെ ഒരു മാല ഞാൻ ജപിച്ചു വന്നു എന്ത് മാല ജപിക്കുന്നു അവരെ ശ്രദ്ധ മുഴുവൻ ഈ മാല തയ്ക്കുന്നതിലാണ് ഈ എണ്ണം തികച്ച് ജപിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ നാരായണ നാരായണ നാരായണ നാരായണ നാരായണോ ഇവർക്കുണ്ടോ ജപത്തിലെ ഏകാഗ്രത വരാൻ പോകണു എണ്ണം തികയ്ക്കാനോ അതുപോലെ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ജപിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ജപത്തിന്റെ കാര്യം ജപത്തിന്റെ കാര്യം ജപിക്കുന്ന സമയത്ത് മനസ്സ് എവിടെ അത് ഫ്യൂച്ചറിലേക്കും പോകരുത് പാസ്റ്റിലേക്കും പോകരുത് അത് ആരിൽ തന്നെ നിൽക്കണം ഭഗവാന്റെ പ്രസൻസിൽ അപ്പൊ നമ്മൾ ഫീൽ ചെയ്തു പോകണം ഞാൻ ജപിക്കുന്നു മനസ്സ് ഭഗവാനിലാണ് നിൽക്കുന്നത് മനസ്സിലാ ഭഗവാനിലാണ് നിൽക്കുന്നത് മനസ്സ് അത് ഫീൽ ചെയ്തുകൊണ്ട് ജപിക്കുമ്പോഴല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ ആരോടടുക്കും മനസ്സിലായില്ലേ അതായിരിക്കാം ഹിന്ദു മതത്തിലല്ല എല്ലാ മതത്തിലും ക്രിസ്ത്യൻ റിലീജിയനിൽ നോക്കൂ നിങ്ങള് ഇസ്ലാം റിലീജിയനിൽ നോക്കൂ ബുദ്ധിസ്റ്റുകളിലേക്ക് നോക്കൂ ഏതൊക്കെ റിലീജിയൻ ലോകത്തിലുണ്ടോ അവർക്കൊക്കെ എന്തുണ്ട് ജപമുണ്ട് ഉണ്ടോ മുസ്ലിങ്ങൾക്കുണ്ടോ ക്രിസ്ത്യാനികൾക്കുണ്ടോ ബുദ്ധിസ്റ്റുകൾക്ക് നിങ്ങൾ കണ്ടുണ്ടോ ഇല്ല വലിയ മാലയുണ്ട് അതുകൊണ്ട് എല്ലാ മാസ്റ്റേഴ്സും എല്ലാ ആചാര്യന്മാരും ഏത് ഇൻസിസ്റ്റ് ചെയ്തു ജപം ഇൻസിസ്റ്റ് ചെയ്തു നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂത് പത്ത് മിനിറ്റ് ഇരുന്ന് ജപിക്കാൻ പറഞ്ഞാൽ അവർക്ക് സമയം ഇല്ലയെന്നല്ലേ പറയണത് പക്ഷെ വാസ്തവത്തിൽ അവർ ജാരിക്കിരുന്ന ജപിച്ചു കഴിഞ്ഞാൽ ദൈവം നോക്കുന്നതാണ് ഇത് ദൈവവുമായി ബന്ധപ്പെട്ടതല്ലത് നമ്മുടെ മനസ്സിനെ ദൈവീകത്വത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ജപം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവണ്ടോ അപ്പൊ കാലവും കാലാതീതവും മനസ്സിന് കാലത്തിലേക്കും തിരിയാം കാല കാലത്തിലേക്ക് തിരിയുമ്പം അത് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്ക് തിരിയും അത് കാലാതീതനിലേക്ക് തിരിയണമെങ്കിൽ അതിനെ നമ്മൾ പ്രസന്റിൽ പിടിച്ചു നിർത്താൻ സാധിക്കണം അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കും നാരായണീയൻ തുടങ്ങുന്നത് സാന്ദ്രാനന്ദബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം മനസ്സിലാവേണ്ടത് കാലദേശത്തിൽ നിന്നും നിർമുക്തമായത് ഇപ്പൊ നമ്മുടെ പൂർവികന്മാര് നോക്കൂ സയൻസ് നിൽക്കുന്നത് ടൈമിലാണ് ഭാരതീയ ആചാര്യന്മാര് നമുക്ക് കണ്ടെത്തി തരുന്നത് കാലത്തിനും ടൈം റിലേറ്റഡ് ആണ് ഏതിനെ റിലേറ്റ് ചെയ്തിരിക്കണോ mind in a relative. Unless you recognize the time, there is no time. There is zero time in the normal language. That's why we recognize that. That's why we do it. We do it. We do it. We do it. We do it. We do it. We do it. We do it. So, we do it. So, we do it. We do it. ആർക്കും ബോധമില്ല എല്ലാവരും ബോധം കെട്ട് കിടക്കണമേ ഇരിക്കുക ഇന്ന് രാവിലെ നമ്മളൊക്കെ അങ്ങോട്ട് തളർന്ന് കിടന്നുകേ ഇരിക്കുക നമുക്ക് വല്ല സമയമുണ്ടോ അപ്പൊ സമയം അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ബോധം വേണം എപ്പോഴാണ് ബോധം വരുന്നത് അബോധാവസ്ഥയിലോ ബോധാവസ്ഥ മനസ്സുണർന്നപ്പോഴോ അപ്പൊ ടൈം അറിയുന്നത് ആരാണ് മനസ്സാണ് അപ്പൊ ടൈം റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിലാണ് മനസ്സിലാണ് നോക്കൂ നിങ്ങൾ ഈ മനസ്സെന്ന് പറയുന്ന ചിന്തകൾക്ക് സമയത്തെയും അറിയാൻ സാധിക്കും സമയത്തിനെ അതീതമായിരിക്കുന്ന ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയെയും അറിയാൻ സാധിക്കും അങ്ങനെയുള്ളൊരു സമ്പത്താണ് ഇത് മനസ്സെന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതിനെ വളരെ ശ്രദ്ധാപൂർവം കൊണ്ടുനടന്നാൽ ഈ മനസ്സ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യിക്കും നമ്മളതിനെ കെയർലെസ് ആയി കൊണ്ടുനടന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഭൂതകാലത്തിലേക്കോ അല്ലെങ്കിൽ ഭാവിയിലോക്ക് ഒരുക്കിയിട്ടും പിന്നെ ഒരിക്കലും നമുക്ക് ആരിലേക്ക് എളുപ്പം തിരിഞ്ഞു വരാൻ പറ്റില്ല നമ്മൾ കുറെ കാലങ്ങള് ഭൂതഭാവിയിലേക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ ആ മനസ്സിനെ ഒന്ന് ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ആ വെച്ച ചിന്തകൾ നമ്മളെ ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കുന്നില്ലേ ആരാ ഉണ്ടാക്കിയത് കുഴപ്പങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇറ്റ്സ് അവർ മിസ്റ്റേക്ക് ഇനി നമ്മൾ അതിനെ ഒന്ന് എന്തു ചെയ്യണം പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് ആസ് ദ മൈൻ ഗോ ടു ദ പാസ്റ്റ് ആസ് ദ മൈൻഡ് ഗോ ടു ദ ഫ്യൂച്ചർ സോ ദ മൈൻഡ് ഷുഡ് to the presence of God. We've been gibt in the presence of God today. Does anyone say that many people... I've been expressing this that God, leads <laughs> to a reference to this moment from his lifeC mass. Desire urge hearing that it is field of existence, O S tiny unique person, She teaches it to another man, Because this man is able to do well, Don't they wanna call the enemy then, ഭാരമാവില്ല ചില ആളുകളുണ്ടല്ലോ ആ പറയുന്നത് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് മറ്റുള്ളവർക്ക് പോലും ബോറടിക്കുന്നത് കാണാം